പറയുന്നത് അടുത്തെന്ന ഉപ വളരെ അടുത്തിരുന്ന് പഠിക്കണം എന്നാ അപ്പൊ നിങ്ങൾ ഒരുപാട് അകലെയായി കഴിഞ്ഞാല് ബുദ്ധിമുട്ടാവും അപ്പോ ഞാൻ പറഞ്ഞു തുടങ്ങിയത് അറിവില്ലാത്ത കുഞ്ഞിനെ നിങ്ങൾ അറിവിലേക്ക് നയിക്കുന്നതാണ് വിദ്യ എന്നാണ് പഠന രീതിയെ കുറിച്ചുള്ള ആദ്യത്തെ തന്നെ സങ്കല്പം അതിലുറച്ചു നിൽക്കുന്നവരാണ് നിങ്ങൾ എല്ലാവരും ഞാൻ വിചാരിക്കുന്നു കുഞ്ഞിന് അറിവില്ല രണ്ട് നിങ്ങൾ രണ്ടാമത് തീരുമാനിക്കുന്നത് അവനൊന്നും മനസ്സിലാവില്ല ഇത് ഒരു പഠന രീതിയാണ് അറിവില്ലായ്മയിൽ നിന്ന് അറിവിലേക്കുള്ള രീതി ഇത് ഞാൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഭാരതീയ ദർശനത്തിന് വിപരീതമാണ് അറിവില്ലായ്മയിൽ നിന്ന് ഒരിക്കലും അറിവിലേക്ക് നിങ്ങൾ എത്തില്ല അറിവില്ലായ്മ വസ്തുവല്ല അറിവ് വസ്തുവാണ് അറിവ് മാത്രമേ ഉള്ളൂ അറിവിന്റെ പല തലങ്ങളിലുള്ള അഭാവം മാത്രമാണ് അറിവില്ലായ്മ അറിവ് അവിടെ ഉണ്ട് അവിടെ ഇല്ലെങ്കിൽ പുതുതൊണ്ടാവില്ല അറിവില്ലായ്മയെന്നൊന്ന് ലോകത്തില്ല അപ്പൊ അറിവ് മാത്രമേ ഉള്ളൂ അറിവ് ഏറ്റവും സൂക്ഷ്മമായിരിക്കുന്നത് കുഞ്ഞിലാണ് വളരും തോറും അറിവില്ലായ്മയിലേക്കാണ് പോകുന്നത് അറിവിലേക്കല്ല അറിവിൽ നിന്നാണ് അറിവും അറിവില്ലായ്മയും ഉണ്ടായത് ഇത് വേറൊരു പഠന രീതി ഇവ തമ്മിൽ ഒരിക്കലും യോജിച്ചു പോവില്ല ഇവയെ യോജിപ്പിക്കാനും രണ്ടാമത്തെ രീതിയാണ് ഭാരതീയ രീതി ആദ്യത്തെ രീതിയെ നിങ്ങൾക്ക് പാശ്ചാത്യമെന്നും ആധുനികമെന്നും ഒക്കെ വിളിക്കാം അവയെ തമ്മിൽ യോജിപ്പിക്കാവുന്ന കണ്ണികളില്ല കാരണം അവ പരസ്പര വിരുദ്ധങ്ങളാണ് അതുകൊണ്ട് ഭാരതീയ രീതിയിൽ ഉള്ള പഠനങ്ങളിൽ ആദിമമായുണ്ടായത് അമീബയും ബാക്ടീരിയയും അവ പരിണമിച്ച് കൊരങ്ങായെന്നും ആ കൊരങ് പിന്നീട് മാങ്ങാ പറിക്കാൻ വയ്യാത്തത് കൊണ്ട് എത്തി നിന്ന് നോക്കിയെന്നും നടുവിവർന്നെന്നും അത് കഴിഞ്ഞ് വാല് കുറുകിയെന്നും പിന്നെ മനുഷ്യനായെന്നും ആദ്യം അറിവില്ലാതെ മനുഷ്യനുണ്ടായിരുന്നു അവൻ ഗുഹയിൽ കഴിഞ്ഞപ്പോൾ ഗുഹാമനുഷ്യനായെന്നും ശിലകൾ ഉപയോഗിച്ച് ശിലായുഗം വന്നുവെന്നും വളർന്ന് കമ്പ്യൂട്ടർ യുഗം വരെ അവൻ എത്തിയിട്ടുണ്ടെന്നും ഇതാണ് അവന്റെ ചരിത്രത്തിന്റെ പരിണാമമെന്നും പഠിച്ചു കഴിഞ്ഞവരാ നിങ്ങൾ ഇത്രയൊക്കെ പഠിച്ചിട്ടും ആദിമമായ അറിവ് എന്നർത്ഥം വരുന്ന ദൈവം നിങ്ങളെ വിട്ടുപോകുന്നുണ്ട് പഠിപ്പിക്കാതിരുന്നിട്ടും അത് നിങ്ങളെ പോകാതിരിക്കുന്നു ഇത് അത്ഭുതപ്പെടുത്തുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങളെ കാണാൻ വന്നത് എന്റെ അത്ഭുതം അതാണ് എന്റെ നിങ്ങൾ ഇത്രയും പഠിച്ചിട്ടും പഠിപ്പിക്കാത്ത ഈ സാധനം നിങ്ങളോടൊപ്പം നിൽക്കുന്നു എന്റെ ചോദ്യം എന്റെ ചോദ്യം ആധുനിക ശാസ്ത്ര പഠിപ്പുള്ള നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ എന്ന് എനിക്കറിയില്ല സ്കൂൾ വിദ്യാഭ്യാസവും കോളേജ് വിദ്യാഭ്യാസവുമൊക്കെ മാന്യമായി കഴിയുകയും ജീവിതത്തിന്റെ മേതുരദീർഘങ്ങളായ അനേക രംഗങ്ങളിൽ വിലസുകയും ചെയ്ത് കഴിഞ്ഞവരാണ് എന്നെ കേൾക്കുന്ന ചിന്മയാതഭവനത്തിലിരിക്കുന്ന ശ്രോതാക്കളെന്ന് എനിക്ക് നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിശ്ചയമുണ്ട് വളരെ അടുക്കിൽ ശാസ്ത്രത്തിൻ്റെ ഗതീയതകളെ മാനിച്ച് നിങ്ങളെ പഠിപ്പിച്ച ശാസ്ത്രങ്ങളൊന്നും നിങ്ങളുടെ പ്രവർത്തന മണ്ഡലങ്ങളിൽ നിങ്ങളുടെ നിത്യജീവിതത്തിൽ വസ്തുനിഷ്ഠമായി ആ പഠിപ്പിൻ്റെ യുക്തികൾ വെച്ചുകൊണ്ട് അവഗ്രഹിച്ചാൽ പ്രയോജനപ്പെട്ടിട്ടില്ല എന്ന് ഒരു വാക്ക് ഞാൻ പറഞ്ഞുപോയാൽ ലൗകികവും പാരത്രികവുമായ രണ്ട് അർദ്ധതലങ്ങളിലും വളരെ അടുക്കോടെ നിങ്ങളെ പഠിപ്പിച്ച ചരിത്രത്തിൻ്റെയും ഭൂമിശാസ്ത്രത്തിൻ്റെയും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെയും അംശങ്ങൾ അടുത്തവനെ പഠിപ്പിച്ചു കൊടുക്കാനെന്നതിനപ്പുറം ജീവിതായോധനത്തിന്റെ രംഗവേദിയിൽ പൂർവപൂർവങ്ങളായ അനാചാരങ്ങളല്ലാതെ മറ്റൊന്നും കൈമുതലായില്ലെന്നൊന്ന് പറഞ്ഞുപോയാൽ പെട്ടെന്ന് ശരിയെന്ന് സ്വീകരിക്കേണ്ട പെട്ടെന്ന് കയറി തെറ്റെന്ന് വളർന്നു കയ്മേണ്ട ആലോചിച്ചിട്ട് പറഞ്ഞാൽ നിങ്ങളുടെ ആഗമനീകങ്ങളും നിഗമനീകങ്ങളുമായ യുക്തികളിൽ നിന്ന് നല്ലതുപോലെ ആലോചിച്ചിട്ട് മറുപടി പറഞ്ഞാൽ െ പറയണമെന്നില്ല പതുക്കെ അവനവനോട് പറഞ്ഞാൽ മതി എനിക്ക് കേൾക്കാം എന്നോട് പറയണമെന്നുമില്ല ജീവിതത്തെ സാരഗർഭമായി ബാധിക്കുന്ന ജൈവഘടനയുടെ അന്തർഭാവങ്ങളെ ഉൾക്കൊള്ളുന്ന രംഗവേദിയിലൊന്നും വർഷങ്ങളും ധാരാളം ധനവും ചെലവഴിച്ച് ഞാൻ നേടിയിട്ടുണ്ടെന്ന് അഭിമാനിക്കുന്ന എൻ്റെ എന്ന് പറയാവുന്ന എന്നെ ഞാനാണെന്ന് ലോകർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുന്ന എന്റെ വ്യക്തിസത്വത്തെ ഏതൊരു ഐഡന്റിറ്റി കൊണ്ടാണോ മറ്റുള്ളവർക്ക് പരിചയപ്പെടുത്തുന്നത് ആ പരിചയപ്പെടുത്തുന്ന വിദ്യകളൊന്നും എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ഏകാന്തത്തിലിരുന്ന് ചിന്തിച്ചാൽ എന്റെ സമഗ്ര ജീവിതത്തിന്റെ ഒരംശത്തിൽ പോലും സ്പർശിക്കുകയോ പ്രയോജനപ്പെടുകയോ ചെയ്തിട്ടില്ലെന്ന് എന്നാലും അവയെക്കുറിച്ചുള്ള അഭിമാനവും അതിലുള്ള അഹന്തയും മറ്റെന്തിനേക്കാൾ മേലെയായി എന്നിൽ നിലനിൽക്കുന്നുവെന്ന് ഇപ്പോഴെല്ലാം ഏതോ അന്തർധാരയിൽ എന്നെ ആരും പഠിപ്പിക്കാത്ത ഞാൻ അറിയാത്ത ദൈവം പിരിയാതെന്നോടൊപ്പം സഞ്ചരിക്കുന്നുവന്നു അല്ലെങ്കിൽ ഇത്രയും പഠിപ്പുള്ള നിങ്ങൾ ദൈവദശകം പഠിക്കാൻ തയ്യാറാവുക ദൈവം ശബ്ദത്തെ സ്വീകരിക്കേണ്ടി ചരിത്രത്തിന്റെ താളുകളിൽ നിങ്ങൾ പഠിച്ച ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ ആധുനിക അംശങ്ങളെല്ലാം കുറിച്ചു വച്ചിരിക്കുന്ന പരിണാമ ശൃംഖലയുടെ ഏത് അംശത്തിലാണ് ശാസ്ത്രീയമായി ദൈവമുള്ളത് നിശബ്ദത എന്നെ പേടിപ്പിക്കുന്നു ചിഹ്ന വരുമ്പോഴൊക്കെ എന്നെ പേടിപ്പിച്ചിട്ടുള്ളതാണ് ഇപ്പോഴത് കൂടുതൽ പേടിപ്പിക്കും നിങ്ങളുടെ ചിന്ത കൊണ്ട് നിങ്ങൾ നിശബ്ദരായതാണോ ആണെങ്കിൽ കൂടുതൽ ഞാൻ പേടിക്കാം ബിക്കോസ് സയലൻസ് ഈസ് വയലൻസ് ചോദ്യം അപ്രസക്തമാണ് ചോദ്യം തന്നെ അപ്രസക്തമാണ് അല്ല പ്രസക്തമാണ് നിങ്ങൾ നിങ്ങളുടെ പൂർവചരിത്രം എഴുതി നോക്കി ഏത് അംശത്തിലാണ് നിങ്ങൾ ഇത്രയും മെനക്കെട്ട് പഠിച്ച വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടു നിങ്ങളുടെ ജീവിതത്തിൻ്റെ കർക്കശങ്ങളായ എല്ലാ രംഗങ്ങളിലും നിങ്ങൾ അവസാനമായി ആശ്രയിക്കുന്നത് പൂർവമായ ആചാരങ്ങളെ മാത്രമാണെങ്കിൽ ആ ആചാരങ്ങളെ തന്നെയാണ് നിങ്ങൾ അപഗ്രഹിച്ച് അശാസ്ത്രീയമെന്നും അനാചാരമെന്നും അസത്യമെന്നും അനൃതമെന്നും പറയുകയും പഠിക്കുകയും ചെയ്തിട്ട് ജീവിതത്തിൽ അതിനെ തന്നെ ആശ്രയിക്കേണ്ടി വരികയും അതിനെ എതിർക്കുന്നതെല്ലാം ശാസ്ത്രമെന്ന് ചിന്തിക്കേണ്ടി ചെയ്യുന്ന രണ്ടു മുഖമുള്ള വിലക്ഷണമായ ആധുനിക മനുഷ്യൻ ആചാരമാണ് ശാസ്ത്രം എന്ന് വിശ്വസിക്കുകയും അതുമാത്രം അവലംബിക്കുകയും അതിനപ്പുറത്തൊന്നുമില്ലെന്ന് പറയുകയും ചെയ്ത ഇന്നലെയുടെ മനുഷ്യന്റെ മുൻപിൽ ആചാരങ്ങളെ എതിർക്കുകയും അശാസ്ത്രീയമെന്ന് പറയുകയും ശാസ്ത്രം കൊട്ടിഘോഷിക്കുകയും ചെയ്ത് അതിനനുഗുണമായി ജീവിച്ച് കാണിച്ച് മറ്റതിനെ നിരസിക്കുവാൻ കഴിയാതെ ഇരിക്കുക അതിനപ്പുറം അവന്റേത് അനാചാരമെന്ന് പറഞ്ഞതിനെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇതിനെപ്പറ്റി പ്രസംഗിക്കേണ്ടി ഇന്നത്തെ ആധ്യാത്മികവാദികളിൽ പോലും കണ്ടുവരുന്ന ദുർവിജ്ഞേയമായ അവന് തന്നെ വിശ്വാസമില്ലാത്ത അവൻ പഠിച്ച മറ്റുള്ളവർ പഠിച്ചും പഠിക്കാതെയും വിശ്വസിക്കുന്ന ആധുനികമെന്ന് വിശേഷിപ്പിക്കാവുന്ന ശാസ്ത്രീയമെന്ന് അടിവരയിട്ട് പറയുന്ന ആ ചിന്തകളുടെ തലങ്ങളിലേക്ക് മറ്റതിനെ കൊണ്ടുപോയില്ലെങ്കിൽ ഇനിയും അത് നിലനിൽക്കുക ഇല്ലാത്തത് കൊണ്ട് അതിലേക്ക് കൊണ്ടുപോവാൻ പത്രപ്പെടുന്ന ആധ്യാത്മികവാദികൾ ഉൾപ്പെടെ അവനവനോട് ചോദിച്ചാൽ പ്രയോജനമാണ് ജീവിതം പഠിക്കുന്നത് ഏത് രംഗത്താണ് അവന് പ്രയോജനപ്പെടുന്നത് നൂറ്റാണ്ടുകൾ യുഗങ്ങൾ മനുഷ്യരാശിയെ ഒന്നാകെ എടുത്താൽ ഇതിനായി ചെലവഴിക്കുന്ന സമയവും കാലവും വെച്ച് നോക്കി ആ കാലവും സമയ പൈസയും ധാരാളമായി ചെലവഴിച്ച് കഴിഞ്ഞ് അതൊന്നുമല്ല അവൻ്റെ നിത്യ ജീവിതത്തിൽ പ്രയോജനപ്പെടുന്നത് അവന്റെ ആചാരങ്ങളിൽ തലയൊഴിക്കേണ്ടി വരുന്നുവെങ്കിൽ അത് പഠിക്കാൻ മനക്കെടുമ്പുന്നതല്ല യോചിതാണ് ചോദ്യങ്ങളൊക്കെ ആദ്യം ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ട് തുടങ്ങാമെന്നായിരിക്കാം അപ്പൊ നിങ്ങൾ എന്നോട് ചോദിക്കുകയല്ലോ എന്നിട്ട് ഞാൻ ദൈവദർശകത്തിലേക്ക് കടന്നു മുമ്പുള്ള അറിവിന്റെ സാപേക്ഷവും നിരപേക്ഷവുമായ രണ്ട് രംഗങ്ങൾ കിടക്കുന്നത് അതുകൊണ്ട് ഭാരതീയർ മുമ്പത്തെ പറഞ്ഞ ശബ്ദത്തിലല്ല അവർ പറഞ്ഞത് അത് ആധുനിക ശബ്ദമാണ് അതുകൊണ്ട് ഭാരതീയർ അറിവാദ്യമുണ്ടായി എന്ന് വിചാരിച്ചു അറിവിൽ അറിവും അറിവില്ലായ്മയും നിലനിൽക്കും അറിവിൻ്റെ അനന്ത ഭൂമികകളും നിലനിൽക്കും അറിവില്ലായ്മയിൽ അറിവില്ല കുറച്ചുകൂടി നന്നായി ഞാൻ പറയേണ്ടിയിരുന്നത് നിങ്ങളുടെ ആധുനിക പഠിപ്പുകളിൽ അറിവില്ല പ്രാചീനന്റെ അറിവിൽ നിങ്ങളുടെ ആധുനിക പഠിപ്പുകളാകുന്ന അറിവില്ലായ്മയും ഇരിപ്പുണ്ട് ആദിമമായുള്ളത് അറിവാണ് അറിവ് ദിശകളിലേക്ക് സംപ്രേഷണം വന്നപ്പോൾ ദിക്കാതിരൂപങ്ങളായി നാലായി അതിന് ഭാവനാലോലുപനായ കവിത്വമുള്ള ഭാരതീയർ ബ്രഹ്മമുഖത്തു നിന്നുണ്ടായി എന്ന് നാൻ മുഖങ്ങളിൽ നിന്നും വൈദികി അറിവിന് രൂപങ്ങൾ നൽകി അർഗും രജസ്സും സാമവും അധർവവും വിശേഷിപ്പിക്കാവുന്ന അറിവുകൾ നാലായി പുറപ്പെട്ടു ആദിമമായ ഏകമായ അറിവ് ഓങ്കാരസ്വരൂപമായ അറിവ് ജാഗ്രസ്വപ്ന സുശുക്തി തുരീയങ്ങളെന്ന നാല് പാദങ്ങളായി പുറപ്പെട്ടു അധർവങ്ങളായി പുറപ്പെട്ടു നമുക്ക് വിഷയം അതൊന്നും അല്ല അതൊക്കെ പഠിച്ചു കഴിഞ്ഞു വേണമായിരുന്നു നാം ദൈവദശകം പഠിക്കാൻ ഇപ്പൊ നമുക്ക് ദൈവദശകത്തിലേക്ക് പോകേണ്ടത് കൊണ്ട് അല്പം സ്പീഡിൽ ആ ഭാഗത്തൂടെ പോവാം അത് കരണീയമാകൂ അല്ലെങ്കിൽ സ്വാമി കൊടുത്ത വിഷയം വിട്ട് എന്തൊക്കെയോ പറഞ്ഞിട്ട് പോയി എന്ന് നിങ്ങൾ പറയാൻ ഇടയാവരുതല്ലോ കർത്തവ്യം ബാക്കിയും വരരുതല്ലോ അതുകൊണ്ട് അറിവിന് രണ്ട് അവർച്ചു മുണ്ടകത്തിൽ ഇതിന്റെ സാവേക്ഷ്യമുണ്ട് മഹാശാലനായ ശൗനകൻ ഒരു ജീവിതം കൊണ്ട് അനേകം ശാലകൾ കെട്ടിയുണ്ടാക്കിയ ഗോശാലകളും ആതുരശാലകളും ഒക്കെ കെട്ടിണ്ടാക്കി സകലതിന്റെയും അത്യുന്നതിയിലെത്തിക്കഴിഞ്ഞ മഹാശൗനകൻ മഹാശാലൻ അങ്കിരത്തിന്റെ പാതാന്തികത്തിലെത്തി ചോദിച്ചു കസ്മിന് ഭഗവോ വിജ്ഞാതെ വിജ്ഞാതം ഭവതീനി ചെറിയ ചോദ്യം കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവമിതം വിജ്ഞാതം ഭവതീതി ഭഗവൻ വെളിയിൽ തന്നെ ഒരു അറിവുണ്ട് ഭഗവൻ ഭവം യോഗം ദദാദീതി ഭഗ ഭഗം സ്വാധീനമുള്ളവൻ ഭഗവാൻ ഏതൊന്നുകൊണ്ട് ഈ ലോകത്തെ തരണം ചെയ്യാൻ കഴിയുമോ ആ യോഗമാണ് നൗക എനിക്ക് തീർത്തു തരാൻ കഴിവുള്ള അല്ലയോ ഭഗവൻ ഏത് ഒന്നിൻ്റെ അറിവ് കൊണ്ടെല്ലാം അറിയുമോ ആ അറിവേദാൻ കസ്മിന് ഭഗവോ വിജ്ഞാതെ സർവം ഇതം വിജ്ഞാതം ഭവതീതി ഇതമെന്ന് വിശേഷിപ്പിക്കുന്ന ഈ ലോകത്തിലെ മുഴുവൻ അറിവുകളും ഏത് അതിൻ്റെ ഭാവങ്ങളാണോ ആ അത് ഒന്നറിഞ്ഞാൽ കൊള്ളാം ഇത് ഇത് ഇത് എന്ന് ഞാൻ കണ്ടെത്തുന്ന ഈ ലോകത്തിലെ അറിവുകൾ മുഴുവൻ ഏതോ ആദിമമായ ഒരു അറിവിൻ്റെ പ്രകടീഭാവങ്ങളാണ് അനിർവചനീയമായ ആ പരമമായ സത്യത്തെ അറിഞ്ഞാൽ പിന്നെ ഈ അറിവുകൾ പ്രത്യേകിച്ച് ആ അറിവ് എനിക്കറിയണം കാരണം ഇത്രയും കാലം ഇതിനോടിയോടി അന്തമില്ലാത്ത ബഹുശാഖാൻവിതങ്ങളായ അനന്തങ്ങളായ അവ്യവസായികളായ കൃഷ്ണൻ അങ്ങനെയാണ് അർജുനോട് പറയുന്നത് തിരിച്ച് പഠിപ്പിക്കുന്ന അതിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം അബദ്ധങ്ങളിൽ ചെന്ന് ചാടുന്ന മനസ്സിലായില്ല അറിവിനെ ശാഖകളാക്കി അതിൽ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കും തോറും അബദ്ധങ്ങളിൽ നിന്ന് അബദ്ധങ്ങളിലേക്ക് ചെല്ലുമെന്ന് പ്രാചീന എല്ലാ സ്പെഷ്യലൈസേഷനും അബദ്ധ പഞ്ചാംഗങ്ങളാണെന്ന് ഭാരതീയ ചിന്ത കാരണം സമഗ്രമായി കാണേണ്ടത് കാണാതെ അത് കാണുമ്പോൾ അപകടം കൂടുമെന്നും കുട്ടികളെയുള്ള നിഗമനിക യുക്തികളില്ല അതല്ല ഇവിടെ ഉപയോഗിക്കുന്ന ജ്യോതിഷം ഖഗോള വിജ്ഞാനീയം ഭാസ്കരന്റെയും മമ്മടന്റെയും ഒക്കെ അത് വേദാന്തത്തിന്റെ കണ്ണുമാണ് ഇവയെല്ലാം ആറ് ശാസ്ത്രങ്ങൾ ഉപാംഗങ്ങളായ ആയുർവേദം ധനുർവേദം ഗന്ധർവേദം തപത്യവേദം ഇതെല്ലാം ചേരുന്നതിനെ ഒന്നിച്ച് ശൗനകനോട് അങ്കിരസ് പറഞ്ഞു അപരെയാണ് ശ്രേഷ്ഠമല്ലാത്ത വിദ്യ താഴ്ന്ന തരം വിദ്യ വേദമൊക്കെ താന്നതാ ഒരു ഉയർന്ന വിദ്യയുണ്ട് ഏതരമധികമ്യത നാശമില്ലാത്ത ആദ്യത്തെ അറിവ് അതിൽ നിന്നാണ് ഇതൊക്കെ വളർന്നു വളർന്നു വന്നത് അതിന് വികാരം വന്നപ്പോഴാ ബാക്കി ഉണ്ടായത് ആ ആദിമമായ അറിവ് അതാണ് അറിയേണ്ടത് അക്ഷരമധിക എന്നിട്ട് അത് പഠിപ്പിക്കുക മുണ്ടകത്തില് ഭാരതീയ പഠന രീതിയിലാണ് ആദ്യം ഉണ്ടായിരുന്നത് അറിവാണ് ഒരു ശിശുവിൽ ആദ്യം ആ ശിശു തന്നെ അറിവാണ് വിദ്യുത്തിലിരിക്കുന്നത് വിദ്യുത്തിൽ ആ വിദ്യുത്ത് ആസുര സമ്പത്തികളെ ഉന്മൂലനം ചെയ്യുകയും വിത്തുകളെ ഉണ്ടാക്കുകയും ചെയ്യും ഇതാണ് ഭാരതീയ ചിന്തയുടെ ആദ്യത്തെ അറിവിന്റെ പ്രകടീഭാവം രോഹന്തി രാവിലെ ഗുരുവായൂരപ്പൻ ക്ഷേത്രത്തിൽ വന്ന് തൊഴുമ്പോ അവിടുന്ന് ശ്രീസൂതം ജവിക്കുന്ന കേക്കാറുണ്ടാവും ഇനി വരുമ്പോ ശ്രദ്ധിക്കുക ഇവിടെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നത് ആ ശ്രീസൂതത്തിനകത്തുണ്ട് ഈ സാധനം ി സർവ ബീജാനി സർവ ബീജാനി രോഹന്തി എവിടുന്നാണ് ബീജം ഉണ്ടാകുന്നത് ഇടിയിൽ നിന്ന് ഇടി രണ്ട് കാര്യങ്ങളും കൊണ്ടാണ് ഒന്ന് പുതിയ ബീജത്തെ ഉണ്ടാക്കുന്നു രണ്ട് ദുഷ്ടന്മാരെ ഇല്ലാതാക്കുകയും ചെയ്യും ഈ ഒരു ആയുധമാ കയ്യിലുള്ളതെന്നാണ് പറയുക കൊള്ളത്തുള്ള ഉദ്ദേശത്തിലാണോ അറിയില്ല മിന്നൽ നിൻ പള്ളിവാൾ മേഘം നിൻ പള്ളിത്തേർ ഉന്നത മാമിടി നിൻപടം ശാശ്വതമാർഗം അകൃത്രിമ ശബ്ദങ്ങൾ ഈശ്വരി നിഞ്ജയകാഹളങ്ങൾ കാരണം ദുഷ്ടതയെ വെല്ലാനും നന്മയെ ഉണ്ടാക്കാനും ഈ വാളുമായാണ് ഇവളിറങ്ങിത്തിരിക്കുന്നത് പ്രാചീനമായൊരു സങ്കല്പം അങ്ങനെ പറയലേ നിങ്ങളോട് നല്ലത് എൻ്റെ ഭാഷയിൽ ഏറ്റവും വലിയ ശാസ്ത്രം അതിലറിവിരിപ്പുണ്ട് ആ അറിവ് ബീജമായാൽ അത് എൻ്റെ അച്ഛൻ കഴിക്കും അപ്പോഴും അറിവാണ് അച്ഛൻ കഴിക്കുന്നത് അച്ഛനും ഒരു വൈദ്യം പറഞ്ഞുകൊടുക്കും അവിടെ ആയിക്കുരണ പരിപ്പിപ്പുണ്ട് തിരക്കിലോ വാങ്ങിച്ച് പാൽക്കഷായം വെച്ച് കഴിച്ചോളാ അറിവ് അച്ഛൻ കഴിച്ചു ഇരുപത്തഞ്ച് പച്ചവെണ്ടയ്ക്കോളാൻ പറഞ്ഞു ആലപ്പുഴയിലൊക്കെ ആണെങ്കിൽ പറയും നല്ല വിടലത്തേങ്ങ കഴിക്കട പിള്ളേന്ന് പറയും അങ്ങനെ പിള്ളയ്ക്ക് ഒരു പേരും വരും വിടലമായ പിള്ളേർ ഇരിപ്പുണ്ടെങ്കിൽ എന്നോട് ഉദ്ദേശിക്കപ്പെടും അപ്പൊ ഇവിടെ ഒരു അറിവാണ് അയാൾ കഴിക്കുന്നത് ഈ അറിവ് അവിടെ എത്തിയാൽ ആ അറിവാണ് ഞാനായി രൂപാന്തരപ്പെടുന്നത് എൻ്റെ അച്ഛൻ കഴിച്ച ഈ ആഹാരമാണ് റൊട്ടിയാണ് ഞാനായിട്ട് ഇങ്ങനെ വന്നത് എനിക്ക് പ്രാദുർഭാവം ഉണ്ടാകും പ്രാഗത്യം ജനീ പ്രാദുർഭാവി ആ അറിവ് ഏറ്റവും സൂക്ഷ്മമായി ഇരിക്കുകയാണ് ഇനി എന്തെല്ലാം പുറത്തുനിന്ന് വരുമ്പോഴും അതെല്ലാം ഈ അറിവിൽ ചേർന്നാണ് ഇനി നിൽക്കുക എന്റെ ആദിമമായ അറിവ് മാത്രമായി ഞാൻ വിലസിയാൽ മഹസാകുന്ന ആദിമമായ അറിവിൽ ഞാൻ വിലയം പ്രാപിച്ചു നിന്നാൽ ഈ ലോകമൊന്നും എനിക്കൊരു പ്രശ്നം ഉണ്ടാക്കില്ല അതിൽ ആന്തോളനങ്ങൾ വന്ന് ഗുണാത്മികയായി എന്റെ പ്രകൃതി രൂപാന്തരപ്പെട്ടാൽ എനിക്ക് ശത്രുവും മിത്രവും ഏട്ടനും അനിയനും അച്ഛനും അമ്മയും ആകുന്ന പുരുഷാപരാധങ്ങളുള്ള അറിവുകളെല്ലാം രൂപാന്തരപ്പെടുകയായി എൻ്റെ എന്നും നിന്റെയെന്നും അവളുടേതെന്നും സ്വജ്ഞയുള്ള ആയിരം ആയിരം കൂടുകളും കൂട്ടായ്മകളും ഉണ്ടാവുകയായി അതിനോട് കൂടുകൂട്ടി മത്സരിക്കുന്നത് എങ്ങനെയെന്ന് ഈ അറിവുണ്ടാവില്ല ആ പഠിപ്പേ ആധുനിക പഠിപ്പിനുള്ളൂ എന്റെ കൂടും നിന്റെ കൂടും അവന്റെ കൂടും അവളുടെ കൂടും എങ്ങനെ അവന്റെയും അവളുടെയും അവന്റെയും അവളുടെയും നിന്റെയും അതും ഇതുമെല്ലാം പറിച്ചു കളഞ്ഞ് എന്റെ കൂട് വികസിപ്പിക്കാം എന്ന മത്സരത്തിന് വിദ്യയെന്ന് പേരില്ല മനസ്സിലായില്ല അതിനപ്പുറം ഒന്നും ഇതിനകത്ത് പഠിക്കാനില്ല മറിച്ച് ആദിമമായ അറിവ് തന്നെയാണ് എന്നിലും അവനിലും അവളിലുമെല്ലാം അവൻ ഇവനെന്നറിയുന്നതൊക്കെ ഓർത്താൽ അവനിൽ ആദിമമായ ഒരാത്മരൂപം നാരായണ ഗുരു അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവിടെ അവരന് സുഖത്തിനാവുകയും ചെയ്യും അപ്പോൾ മാത്രം അല്ലെങ്കിൽ നാരായണ ഗുരുവിൻ്റെ കൂടെയാണെന്ന് പറഞ്ഞ് നടന്നാൽ പെട്ടെന്ന് സുഖത്തിനായി വരില്ല എക്സ്ട്രീം ലി ഈ ഒരു തലത്തിൽ വിദ്യയുടെ മഹത്വം അറിഞ്ഞു ഭാരതീയർ ഇത് നമുക്കൊന്ന് കോടീകരിച്ചിട്ട് നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം ആദ്യമുള്ളത് അറിവായിരുന്നു ലോകം അറിവ് തന്നെ ആകാരം കൊണ്ടുനിന്നതിൽ നിന്ന് രൂപാന്തരപ്പെട്ടതാണ് അറിവിൽ നിന്ന് അറിവില്ലായ്മയിലേക്കുള്ള യാത്രയാണ് പൗരാണികത്തിൽ നിന്ന് ആധുനികതയിലേക്കുള്ള യാത്ര എത്ര ഇന്ദ്രിയങ്ങളുടെ പരിപ്രേക്ഷ്യങ്ങളെ അറിയുന്നുവോ എത്ര ദൃശ്യ വിന്യാസങ്ങളെ മനസ്സിലാക്കുന്നുവോ അവൾ ഉണ്ടാകുന്നുവോ അത്രയും അറിവില്ലായ്മ ഖനീഭവിക്കുന്നു തിരിച്ചുപോക്കാണ് അറിവ് ഈ അർത്ഥത്തിലാണോ എന്നറിയില്ല ആ പ്രകൃതി ഗായകനായ വേഴ്സ്വർത്ത് പാടും ശിശു ആണോ നിർണയം എറ്റേണിറ്റിയിൽ നിന്ന് വരികയും എറ്റേണിറ്റിയിലേക്ക് തിരിച്ചു പോവുകയും ചെയ്യുന്ന മാനവൻ അവന് പ്രായമാകും തോറും എറ്റേണിറ്റിയിൽ നിന്ന് അകലം കൂടുകയാണ് ശിശു അടുത്താണിരിക്കുന്നത് അതുകൊണ്ട് അച്ഛ എന്ന് കുഞ്ഞിനെ വിളിക്കുന്നതാണ് മര്യാദ നിനക്ക് ആ ട്രാൻസ് അനുഭവിക്കാൻ കഴിയുമെങ്കിലേ മനസ്സിലാവുള്ളൂ ക്ഷുദ്ര സമാധം ബഡ് സ്വർഡർ അനുഭവിച്ചിട്ടുണ്ടാവുകയാണെങ്കിൽ മറ്റും എക്സ്കർഷനിലുണ്ടെന്നാണ് സ്വാമി വിവേകാനന്ദനോട് ും പാടി പോകുമ്പോൾ ഇതൊക്കെ ഓർത്തിട്ടുണ്ടാവുമോ ആവോ പാശ്ചാത്യം ഓർക്കാൻ സാധ്യതയുണ്ടല്ലോ കാരണം അറിവിന് പാശ്ചാത്യവും പൗരത്യവും ഇല്ലല്ലോ